Om Namo Bhagavate Vasudevaya ശ്രമപൂർവേഷം ചുരി ക്യ്യഭാഷ്യം പ്രകാശ വിശേഷഭാവ എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് നീ പ്രദീപസ്കാശോ അർത്ഥമാണ് വിശദീകരിച്ചാണ് പ്രദീപസ്വരൂപാഭിവ്യക്തോ പ്രദീപം സ്വയം പ്രകാശിക്കുന്നതിന് സ്വരൂപാഭിവ്യക്തി വിശദമായും ചർച്ച ചെയ്തതാണ് അതിന് പ്രദീപ പ്രകാശോ അർത്ഥവാൻ മറ്റൊരു ദീപത്തിൻ്റെ പ്രകാശം ഫലവത്തല്ല അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് ഒരു ദീപം പ്രകാശിക്കുന്നതിന് മറ്റൊരു ദീപത്തിൻ്റെ സ്വയം ആവശ്യമുണ്ട് ദീപത്തെ സ്വയം പ്രകാശം നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഇത് ദൃഷ്ടാന്തത്തിൽ പറയുകയാണ് ദൃഷ്ടാന്തത്തിൽ സ്വയം പ്രകാശത്വം എങ്ങനെയാണ് അതിവിടെ സമർത്ഥിക്കുകയാണ് നിത്യം ആത്മനോ അന്യത്ര വിജ്ഞാനം അസ്തിന് സ്വരൂപവിജ്ഞാനെ അപേക്ഷത ഇതുപോലെ തന്നെ ആത്മനോ അന്യത്ര വിജ്ഞാനം ദീപത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പറയാം പല ദീപങ്ങളുണ്ട് സൂര്യൻ്റെ പ്രകാശം മറ്റ് പ്രക പ്രകാശങ്ങളുണ്ട് അവിടെ നമുക്ക് ചിന്തിക്കാം ഒരു പ്രകാശം മറ്റൊരു പ്രകാശത്തെ അപേക്ഷിക്കുന്നു വ്യക്തമാണ് അവിടെ സമാധാനം അപേക്ഷിക്കുന്നില്ല ഒരു പ്രകാശവും വേറൊരു പ്രകാശത്തെ ആശ്രയിക്കുന്നില്ല അത് പ്രകാശിക്കാൻ സ്വയം പ്രകാശിക്കാം ഇവിടെയാണെങ്കിലോ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഏകമാണ് ഓരോ ജീവൻ്റെ അനുഭവത്തിലത് സ്വസ്വരൂപമാണ് അവിടെ രണ്ടാമതൊരു വിജ്ഞാനം അതിൻ്റെ പ്രാപ്തിയേയില്ല ഒരേ ഒരു വിജ്ഞാനം മാത്രം ഒരുവൻ സ്വയം ചിന്തിച്ചാലും തന്നെ ജീവികമായ പ്രകാശം മാത്രം രണ്ടാമതൊരു തരത്തിലൊരു പ്രകാശം സങ്കല്പിക്കും എന്തുകൊണ്ടാണ് ദീപത്തെ നമ്മൾ പലതായി കാണുന്നു സൂര്യനായും ചന്ദ്രനായും നക്ഷത്രങ്ങളായും അഗ്നിയായും എല്ലാം കാണും തന്നിലെ പ്രകാശത്തെ എങ്ങനെ ഒരേ രൂപത്തിൽ കാണും അഹം അഹമെന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ തൻ്റെ ഉള്ളിലെ ആ പ്രകാശത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ ആ പ്രകാശത്തെ നമുക്ക് അനുഭവിക്കാൻ വയ്യ കഴിയുന്നില്ല അതുകൊണ്ട് തന്നിലിരിക്കുന്ന പ്രകാശം അത് മറ്റൊരു തരത്തിലുമില്ല അതുകൊണ്ട് പറയുന്നു ഇവിടെ രണ്ട് ദീപവും ദീപം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ദീപത്തെ ആശ്രയിച്ചുള്ള ചർച്ചകൾ ഇവിടെ ആവശ്യമാണ് പല ദീപങ്ങളോണ്ടല്ലേ ഒന്നുകൊണ്ട് മറ്റൊന്ന് പ്രകാശിക്കുമോ എന്നല്ലാൻ ചോദിക്കുന്നു ഇവിടെ ഒരു ദീപമേ ഉള്ളൂ ഒരേ ഒരു പ്രകാശം ഒരു ദീപനും മറ്റൊരു തരത്തിലൊരനുഭവം വരുന്നില്ല തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധത്തിന്റെ സ്ഫുരണം അഹം ഞാൻ എന്നുള്ള രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ അനുഭവപ്പെടുന്നേ ഇല്ല ആത്മാന അന്യത്ര വിജ്ഞാനം നസ്തി ആ സ്വസ്വരൂപ പ്രകാശം അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ കൂടി വയ്യ പിന്നിൽ ഞാനും നല്ല മറ്റൊരു സ്ഫുരണം ഉണ്ടാവില്ല സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സ്വരൂപവിജ്ഞാനി അഭി അപേക്ഷ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ അറിയുന്നതിന് ഞാൻ മറ്റൊരു പ്രകാശത്തെ ആശ്രയിക്കേണ്ടി വന്നല്ല പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നു എന്നെ സംബന്ധിച്ചത് വ്യക്തമാണ് ഞാൻ എൻ്റെ സ്വരൂപവിജ്ഞാനം അത് ഒരേ ഒരു രൂപത്തിൽ മാത്രം പ്രകാശിച്ചുകൊണ്ടേ അഹം അഹം എന്നിങ്ങനെ മറ്റൊരു തരത്തിലും ഒരിടത്തും അത് പ്രകാശിക്കുന്നില്ല അതുകൊണ്ടിവിടെ അങ്ങനെയൊരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല ഈ ദീപത്തിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ വിശദമായൊരു ചർച്ച അത് ദീപത്തിനെ സംബന്ധിച്ച് ദീപത്തിനും നാനാത്വമുണ്ട് തന്നെ തൻ്റെ ബോധത്തിൻ്റെ ഏകത്വമേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ പരിശോധിക്കുന്നു അത് ശരിയല്ല നിങ്ങളുടെ അനുഭവത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല വിരോധഹിതിച്ച് വിരോധിച്ച് അതൊരു ഭാഗമാണ് അന്യത്വ അതിന്റെ രണ്ടാം ഭാഗം വിരോധയിച്ചേ എന്ന് പറയുന്നത് ഇവിടുത്തെ ചോദ്യമാണ് സമാധാനം എന്ന് പറയുന്നത് അന്യത്വ ഇതൊരു സൂത്രം പറഞ്ഞല്ലോ ഈ വാക്യഭാഷയത്തിൽ ഒരു സൂത്രം അതിൻ്റെ വിശദീകരിക്കുന്നു സൂത്രരൂപത്തിൽ പറയുന്നു പിന്നെ യുക്തിയെ ആശ്രയിച്ച് വിശദീകരിക്കുക അതാണ് ഇവിടെ വിചാരീതി അതുകൊണ്ട് അതിനൊന്ന് സമാധാനം പറയും വിരോധീരിച്ച് ആ ഭാഗം വ്യാഖ്യാനിക്കുകയാണ് സ്വരൂപവിജ്ഞാനെ വിജ്ഞാന സ്വരൂപത്വ വിജ്ഞാനാന്തരം അപേക്ഷത അസത് സ്വരൂപവിജ്ഞാനത്തിൽ ഇവിടെ എന്താണ് പറയുന്നത് സ്വരൂപവിജ്ഞാനം തന്നെ കുറിച്ചുള്ള വിജ്ഞാനം ഒരുവൻ തന്നെ അറിയുന്നു അവിടെ വിജ്ഞാനാന്തരം അപേക്ഷതയെ തീരുന്ന ദുരു വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ അസംബന്ധമാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് എന്നെക്കുറിച്ചുള്ള ആറി അതായത് ഞാൻ എന്നുള്ള ഈ ബോധം ഈ ബോധത്തിന് നാനാത്വമില്ലാത്തതു കൊണ്ട് ഈ ബോധത്തിന് ഏതെങ്കിലും ഒരു രൂപാന്തരം സംഭവിക്കാത്തതുകൊണ്ട് ഈ ബോധത്തിൻ്റെ ആകാരം അല്ലെങ്കിൽ ആ ബോധത്തിൻ്റെ വടിവ് സദാ ഒരേ രൂപത്തിലായിരിക്കും മഹമഹം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഇതിനെ തന്നെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് സ്വയം തന്നെ വിജ്ഞാനസ്വരൂപമാണ് വിജ്ഞാനത്തെ ഇങ്ങനെ അല്ലാതെ അറിയാൻ ഒരു ഉപായവില്ല തനിക്ക് വിശേഷം തൻ്റെ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനത്തിൽ താനായിരിക്കുന്ന വിജ്ഞാനത്തിൽ താനായിരിക്കുന്ന അറിവിന് ഇങ്ങനെ അല്ലാതെ വിശേഷമില്ല അതുകൊണ്ട് മറ്റൊരു വിജ്ഞാനം ഇവിടെ അസംബന്ധമാണ് ഇവിടെ വിജ്ഞാനത്തിന്റെ നാനാത്വമുണ്ട് അത് ഞങ്ങൾ തെളിച്ചു തരാമോ ഇവിടെ രണ്ടു തരത്തിലാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്ത് അദ്വൈതത്തിൽ വിശേഷിച്ചത് ഒന്ന് എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെ ഒന്ന് എങ്ങനെ ആണ് നിവൃത്തി സംഭവിക്കുന്നത് അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നത് അതിൻ്റെ സ്വരൂപം എന്തായിരിക്കും അതൊന്ന് അത് പ്രധാനമായി ചർച്ച ചെയ്യും മോക്ഷത്തിന്റെ ഉപായങ്ങളെക്കുറിച്ച് മറ്റും ചർച്ച ചെയ്യും മറ്റൊന്ന് ബന്ധനം എങ്ങനെ സംഭവിക്കുന്നു അതിന്റെ ഹേതുക്കൾ എന്താണ് അതിന്റെ സ്വരൂപം എന്താണ് അത് മറ്റും ഇവിടെ ഇത് രണ്ടും മാറി മാറി ചർച്ച ചെയ്യും മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ മോക്ഷസ്വരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ മോക്ഷത്തിന്റെ ഉപായത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഉടൻ ബന്ധനത്തിലേക്ക് വരും ബന്ധനത്തെ വിസ്മരിച്ചിട്ട് മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന ബന്ധനം അതെങ്ങനെ സംഭവിക്കുന്നു എന്താണ് അതിൻ്റെ സ്വരൂപം എന്താണ് അതിൻ്റെ ഹേതം ഇതിൽ നിന്നുള്ള മുക്തി രോഗവിമുക്തിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും രോഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും അതെങ്ങനെ സംഭവിക്കുന്നു ആ രോഗത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ രോഗത്തെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ രോഗമുക്തിക്കുള്ള ചികിത്സ സാധ്യമാല ചികിത്സ സാധ്യമുണ്ട് അതുപോലെ ഇവിടെ ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു ആ രോഗം എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഹേതുക്കൾ എന്താണ് അതും ചിന്തിക്കേണ്ടി വരുന്നത് ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇവിടെ ജ്ഞാനം ഏകരൂപമാണ് ഏകരൂപത്തിൽ മാത്രമേ തന്നെ അറിയുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ജ്ഞാനത്തിലെ നാനാത്വം ജീവിതത്തിലെ നാനാത്വം പോലെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ് അതൊന്നും നിഷേധിക്കാൻ ദൃശ്യദേഹി വിപരീതജ്ഞാനമാത്മനി സമ്യജ്ഞാന ഇത് രണ്ടും ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നു അഹം എന്ന ഏകരൂപത്തിൽ മാത്രമേ ഞാനതിന്റെ അനുഭവം അത് ഈ അഹത്തെ ആശ്രയിച്ചതിന് വിപരീതജ്ഞാനവും നാനാത്വജ്ഞാനങ്ങൾ വിപരീതജ്ഞാനം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല ഞാൻ സത്യത്തെ ബോധിക്കുന്നില്ല ഇതും ഒരു അനുഭവമാണല്ലോ ഞാൻ ഈശ്വരനെ അറിയുന്നില്ല ആത്മാവിനെ അറിയുന്നില്ല പരമാർത്ഥത്തെ അറിയാത്തതുകൊണ്ട് ഞാൻ ദുഃഖിതനാണ് ഈ വിടീത ഞാനുണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം നീ ഇന്നെ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ ഇത് നിന്നെ എങ്ങനെ അറിയുന്നു ഞാൻ എൻ്റെ ഇന്ന വ്യക്തിയായി അറിയുന്നു പുരുഷനായി അറിയുന്നു സ്ത്രീയായി അറിയുന്നു യുവാവായി അറിയുന്നു വൃദ്ധനായി അറിയുന്നു ഇതെല്ലാം നാനാത്വ ജ്ഞാനമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് അറിയില്ലേ ഈ വിപരീതജ്ഞാനം നിലനിൽക്കെ എങ്ങനെയാണ് ജ്ഞാനം ഏകമാണെന്ന് പറയുന്നത് അതാണ് ദൃശ്യദേഹി വിപരീതജ്ഞാനമാത്മനി അതിവിടെയാണ് ഈ വിപരീതജ്ഞാനങ്ങളിൽ നിൽക്കുന്ന ആത്മാവ് നിന്നിൽ തന്നെ തന്നിൽ തന്നെയാണ് നിൽക്കുന്ന വിപരീതജ്ഞ അഹം എന്നുള്ള ഏക രൂപത്തിലുള്ള ജ്ഞാനം നിൽക്കുക തന്നെ ആ അഹമെന്നുള്ള ജ്ഞാനത്തിലാണ് നിൽക്കുന്നത് ഞാൻ വൃദ്ധനാണ് യുവാവാണ് ജ്ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് ഈ ജ്ഞാനം എല്ലാം അവിടെയാണ് നിൽക്കുന്നത് സ്വസ്വരൂപത്തിൽ തന്നെയാണോ ആ വസ്വസ്വരൂപ ജ്ഞാനം ഏകമാണെന്ന് പറയുമ്പോൾ തന്നെ ആ ഏക ജ്ഞാനത്തെ ആശ്രയിച്ച് അനന്തമായ ജ്ഞാനങ്ങളുണ്ട് വിപരീത ജ്ഞാനങ്ങളുണ്ട് എങ്ങനെയാണോ അനേക ദീപങ്ങൾ പ്രകാശിക്കുന്നു ഇവിടെയും അനേക ജ്ഞാനങ്ങളുണ്ട് ഇതിനെല്ലാം നമ്മൾ വിപരീത ജ്ഞാനം എന്ന് പറയുന്നു അല്ലെങ്കിൽ അജ്ഞാനമെന്ന് പറയുന്നു ഇനി അതുപോലെ തന്നെ സമ്യജ്ഞാനമുണ്ട് എന്താണ് പറയുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി ഇതും ജ്ഞാനമാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വിപരീതജ്ഞാനങ്ങൾ സമ്യജ്ഞാനം ഇതെല്ലാം ചേരുമ്പോൾ ജ്ഞാനം അനന്തമായി ജ്ഞാനത്തിലും നാനാത്വം സംഭവിച്ചു ഇന്ന് ഞാനും വേഗമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും എന്നാ ജാനാമി ആത്മാനം ഇത് വിപരീത ഞാൻ എന്നെ അറിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്നെ പിന്നാരായി അറിയുന്നു സന്യാസിയായി അറിയുന്നു മറ്റെന്തെങ്കിലുമായി അറിയുന്നു ഈ അനുഭവങ്ങൾ ഇത് നാനാത്മജ്ഞാനം ഇതുണ്ടല്ലോ പിന്നെ സംവിജ്ഞാനം ശ്രുതേശ്ച സംജ്ഞാനത്തെ ശ്രുതിയാണ് ബോധിപ്പിക്കുന്നത് തത്തുമസി സംവിജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു ആത്മാനം ഏവ ആവേത് സ്വസ്വരൂപത്തെ അവൻ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നു ഈ നാനാത്വ ജ്ഞാനങ്ങൾക്കിടയിൽ ഒരുവനെക്കുറിച്ച് പറയുന്നു അവൻ സസ്വരൂപത്തെ സാക്ഷാത്കരിച്ചത് രണ്ടാമതൊരു ജ്ഞാനമായി മുമ്പ് പറഞ്ഞു വിരീതജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് മറിച്ചൊരു ജ്ഞാനം അപ്പം ജ്ഞാനം എങ്ങനെ ഏകമാവും ഏതം ആത്മാനം വിധിത്വ ശ്രുതി എന്നെ പറയുന്നു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അജ്ഞനാണ് അജ്ഞനാണെന്ന് പക്ഷേ അതേ ആത്മാവിനെക്കുറിച്ച് തന്നെ പറയുന്നു ഈ ആത്മാവ് തൻ്റെ സ്വരൂപത്തെ ശരിയായി അറിഞ്ഞിട്ട് ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു അപ്പോൾ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്ന മറ്റൊരു ഞാൻ ബന്ധനത്തെ പ്രകാശിപ്പിക്കുന്ന അനന്തമായൊരു ഞാനാണ് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ഞാൻ ഇങ്ങനെ ജ്ഞാനം അത്ര നാനാത്വം കഴിഞ്ഞല്ലോ ഇരിച്ച അതുകൊണ്ടാണ് പറഞ്ഞത് വിരോധ നിങ്ങൾ പറയുന്നതിന് പരസ്പര വിരോധമുണ്ട് നിങ്ങൾ ഏകമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ അത് ബന്ധത്തെ സംബന്ധിച്ചാലും ശരി മോക്ഷത്തെ സംബന്ധിച്ചാലും ശരി ജ്ഞാനം അനുഭവത്തിൽ പലതുമാണ് ഇതിൽ നിങ്ങൾ പറയുന്നതിന് വിരോധമുണ്ടല്ലോ എന്നാണ് സ്വയം എന്താണ് ജ്ഞാനം എന്ന് മനനം ചെയ്ത് വെളിപ്പെടുന്നതിന് വേണ്ടി ഇതിനെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് സർവത്ര ശ്രുതിഷു ആത്മവിജ്ഞാനെ വിജ്ഞാനാന്തരപേക്ഷത്വം ദൃശ്യത്തിൽ തസ്മാ പ്രത്യക്ഷ ശ്രുതിവിരോധ ഇത് ചെയ്തു അതുമാത്രമല്ല ശ്രുതി മുഴുവൻ നോക്കുക ഈ ശ്രുതി എന്തിനു വേണ്ടി ശ്രുതിയുടെ താല്പര്യം എന്താണ് ആത്മവിജ്ഞാനത്തിന് വേണ്ടി സ്വരൂപബോധത്തിന് വേണ്ടിയാണ് സ്വരൂപബോധത്തിന് വേണ്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ സ്വരൂപം അത് ജ്ഞാനമാണോ സത്യം ജ്ഞാനം പിന്നെ പറയുന്നു സ്വരൂപവിജ്ഞാനം സ്വരൂപവിജ്ഞാനമെന്ന് പറയുന്ന മറ്റൊരു ജ്ഞാനം അതിനാണ് നിങ്ങൾ പറയുന്നത് അപ്രോക്ഷാനുഭൂതി സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് അതാണ് സ്വരൂപവിജ്ഞാനം കൊണ്ടുവരുന്നു നിങ്ങളുടെ സ്വരൂപത്തെ നിങ്ങൾ ബോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ മറ്റൊരു ജ്ഞാനം നിങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു വേറൊരു ജ്ഞാനം വന്നാണ് നിങ്ങളിരിക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നുജ്ഞാനാന്തര അപേക്ഷ നേരത്തെ എന്താണ് പറഞ്ഞത് ഒരു പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല ഇവിടെ എന്താ പറയുന്നത് നിങ്ങളുടെ സ്വരൂപത്തെ നിങ്ങൾക്ക് ബോധിക്കണം അറിയണോ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കണം ഇവിടെ എന്ത് ചെയ്യുന്നു വിജ്ഞാനാപേക്ഷവും മറ്റൊരു ജ്ഞാനത്തിന്റെ സഹായം വേണ്ടിയും ഇവിടെ രണ്ട് ജ്ഞാനം വന്നല്ലോ ദൈവത്തെ സംബന്ധിച്ച് ശരിയാണെന്ന് വന്നാലും നിങ്ങളുടെ ദൃഷ്ടാന്തം ശരിയാണെന്ന് വന്നാലും ആത്മാവിനെ സംബന്ധിച്ച് ശരിയാകത്തില്ല അവിടെ എന്ത് വരുന്നു വിജ്ഞാനാന്തര അപേക്ഷത്വം ദൃശ്യത ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും മറ്റൊരു ജ്ഞാനം അവിടെ വേണം തസ്മ പ്രത്യക്ഷ ശ്രുതി വിരോധ ഇത് ചെയ്യുന്നു അതുകൊണ്ട് എന്താണോ പ്രത്യക്ഷത്തിനും ശ്രുതിക്കും വിരോധമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ജ്ഞാനം ഏകമാണ് ജ്ഞാനത്തിന്റെ പ്രകാശത്തിനും മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിന് വിരോധമാണ് എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ വിപരീതജ്ഞാനമുണ്ട് അത് പ്രത്യക്ഷത്തിൽ നാനാത്വജ്ഞാനമുണ്ട് അഹം എന്നുള്ള ഈ സ്ഫുരണത്തെ ആശ്രയിച്ച് അനന്തമായ ജ്ഞാന ജ്ഞാനത്തിന്റെ ഒരു പ്രവാഹം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും പറയുന്നു ജ്ഞാനമേകമാണ് ഇനി ഇതിനെല്ലാം നിഷേധിക്കുന്ന ശ്രുതി അതും എന്ന് പറയുന്നു അഹം ബ്രഹ്മാസ്മി വേറൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയും ഇതുവരെ ഇല്ലാത്തവരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ സ്വരൂപജ്ഞാനം എന്ന് പറയുന്നതിൽ ജ്ഞാനത്തിന്റെ നാനാത്വം ഉണ്ട് അതുകൊണ്ട് ജ്ഞാനമേകമാണ് എന്ന് പറയുന്നത് പ്രത്യക്ഷ ശ്രുതിക്കും വിരോധമാണ് അതാണ് ഇവിടെ പറഞ്ഞ വിനോദ ഇതിചേ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം അതിന് സമാനം പറയുന്നു അന്യത്വാ ആസൂത്രത്തിന്റെ ഉത്തരാർത്ഥം അത് വ്യാഖ്യാനിക്കുകയാണ് ഇതിചേ പറയുന്നത് കുറച്ച് ശരിയുണ്ട് പക്ഷെ അത് പൂർണമായും ശരിയല്ല ഇത്രയും വിശദീകരിച്ചതിന് ശേഷം അത് ശരിയല്ലെന്നെങ്ങനെ പറയാൻ പറ്റും സ്വ അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും ശ്രുതി ബോധിപ്പിക്കുന്ന ഒരു കാര്യം തെറ്റെന്ന് എങ്ങനെ പറയാൻ പറ്റും കസ്മാ ചോദിക്കും അനുഭവത്തെയും ശ്രുതിയും പ്രമാണമാക്കി പറഞ്ഞൊരു കാര്യത്തെ നിങ്ങളെങ്ങനെ നിഷേധിക്കുന്നു അതൊന്നും കേട്ടാൽ കൊള്ളാം അന്ന് സമാനം പറയുന്നു അന്യോഹിസ ആത്മാ ബുദ്ധ്യാദി കാര്യകരണസങ്കാതന്ധാനഅവിഛേദലക്ഷണോ അവിവേകാത്മകോ ബോദ്ധ്യഅവഭാസപ്രധാന ചക്ഷുരാധികരണോ നിത്യുസ്വരൂപാത്മാന്തസ്സാരോ എത്ര അനിത്യം വിജ്ഞാനം അവഭാസത്തെ ഇവിടെയാണ് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് അതായത് അദ്വൈതത്തെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിരവധി ചോദ്യങ്ങൾ വരും അദ്വൈതത്തെ എങ്ങനെയാണോ അതിൻ്റെ വാസ്തവ രൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ ബോധിപ്പിക്കുന്നത് അവിടെ ആ പ്രശ്നങ്ങൾക്കൊന്നും സമാധാനം പറയാൻ സാധ്യത അതുകൊണ്ടാണ് ഒന്ന് പാരമാർത്ഥികം ഒന്ന് അനുഭവ എന്നിങ്ങനെ വേർതിരിക്കുന്നു നിങ്ങളിതിനെ രണ്ടിനും ഇവിടെ കൂട്ടിക്കുഴയ്ക്കരുത് ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കും ആ പരമാർത്ഥത്തിൽ അല്ല നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും നിൽക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളൊന്നും ആ പരമാർത്ഥത്തിലല്ല ശ്രുതി ബോധിപ്പിക്കുന്നത് സംശയരഹിതമായിട്ടാണ് പരമാർത്ഥത്തിൽ സംശയമുണ്ട് ശ്രുതി ബോധിപ്പിക്കുന്നത് ഭ്രാന്തിരഹിതമായിട്ടാണ് അവിടെ ഭ്രമമൊന്നുമില്ല പക്ഷെ നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾ ശ്രുതിയുടെ തലത്തിലാണോ നിൽക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരത്തില്ല ബ്രഹ്മം അവസാനിച്ചു നിങ്ങളുടെ അജ്ഞാനമില്ല താൻ നിൽക്കുന്നത് തൻ്റെ അനുഭവത്തിൻ്റെ തലമാണ് ഇത് പരസ്പരം തൊടാതെ നിൽക്കുന്ന രണ്ട് അവസ്ഥകളാണ് ഒന്ന് പാരമാർത്ഥികം മറ്റൊന്ന് നമ്മളെ അനുഭവതലം നമ്മുടെ അനുഭവതലത്തെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് പരമാർത്ഥമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും എന്താണോ ഞാൻ പരമാർത്ഥത്തെ അറിയുന്നില്ല എന്റെ ചോദ്യങ്ങൾ പരമാർത്ഥത്തെ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അജ്ഞന്റെ നിലയിൽ നിന്നാണ് എൻ്റെ ചോദ്യങ്ങൾ അത് പരമാർത്ഥത്തെ സ്പർശിക്കുന്നില്ല പരമാർത്ഥത്തെ സ്പർശിക്കുന്ന പാരമാർത്ഥിക തലമല്ല അതുകൊണ്ടാണ് നമ്മുടെ അനുഭവതലത്തെ ഇവിടെ പറയുന്ന എന്താണ് വ്യാവഹാരിക ഇപ്പൊ വ്യാവഹാരിക തലത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പാരമാർത്ഥികമായ തലത്തിലേക്ക് വെറുതെ ആരോപിക്കുകയാണ് ആകാശത്തിലേക്ക് കല്ലെടുത്തെ അത്ര ശക്തിയായിട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു തരുന്നവരും അത് തന്നിലേക്ക് തന്നവരും ആ തലത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയാൻ ബാധ്യസ്ഥനായ ആരുമില്ല നിങ്ങളുടെ സമാധാന പ്രശ്നങ്ങൾക്ക് സമാധാനം നിങ്ങളിൽ തന്നെ സംഭവിക്കും ചോദ്യം ഇവിടെ അവിടെയാണ് ഉത്തരം ചോദ്യം അജ്ഞനാണെങ്കിൽ സമാധാനവും അച്ഛനാണ് ഒരുപക്ഷെ നിങ്ങൾ കരുതും ചോദ്യം അജ്ഞനായ എന്റേത് സമാധാനം ഞാനിടേതാണ് അത് ശരിയില്ല അജ്ഞന്റെ ചോദ്യത്തിന് ഞാനിക്ക് സമാധാനമില്ല അജ്ഞന്റെ ചോദ്യത്തിന് സമാധാനം അജ്ഞന് തന്നെയാണ് കാരണം എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഹേതുവായിരിക്കുന്ന അവൻ്റെ അജ്ഞാനമാണ് അജ്ഞാനത്തിൽ നിന്നാണ് ചോദ്യം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ അതിനും സമാധാനം വരും ജ്ഞാനത്തിൽ നിന്ന് സമാധാനം വരണമെങ്കിൽ അവിടെ അജ്ഞാനം വേണം അത് സംഭവിക്കത്തില്ല അപ്പൊ എല്ലാ ചോദ്യങ്ങളും അജ്ഞൻ്റെതാണ് എല്ലാ സമാധാനവും അജ്ഞൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ആശ്രയിച്ചാണ് ചോദ്യവും സമാധാനവും എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിൽ സമാധാനപ്പെടുന്നത് ഉത്തരം കിട്ടുമ്പോൾ സമാധാനപ്പെടുന്നു എന്തുകൊണ്ട് അത് നമ്മുടെ അജ്ഞതയെ ന്യായീകരിക്കുന്നു സാധുവീകരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചോദിക്കുന്നത് അത് ജ്ഞാനമല്ല ജ്ഞാനമായിരുന്നെങ്കിൽ വീണ്ടും ചോദ്യം വരത്തില്ലല്ലോ ജ്ഞാനിയുടെ മറുപടിയാണെങ്കിൽ പിന്നെ ചോദ്യം ഉണ്ടാവും ഉണ്ടാവത്തില്ല അത് അജ്ഞാനത്തിന്റെ സമാധാനം അജ്ഞാനത്തിന്റെ തലത്തിലാണ് അതിനാണ് വ്യാവഹാരിക തലം എന്ന് പറയുന്നത് അല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചോദ്യം വരിഹാരോ വാ കെറിയതാം ദ്വൈത ഭാഷയാണ് നമ്മൾ വിചാരിക്കുന്നു ചോദ്യം ചോദിച്ചത് ഞാൻ സമാധാനം പറഞ്ഞതും ഞാൻ ഈ ഗുരു അല്ല ചോദ്യം ചോദിച്ചതും താൻ തന്നെ സമാധാനം പറഞ്ഞതും താൻ തന്നെ അതുപോലെതന്നെ ആരോപിക്കുകയാണ് സർവ പ്രപഞ്ചത്തെയും പരമാത്മാവിൽ ആരോപിച്ചിരിക്കുന്നത് പോലെ ആരോപിക്കുകയാണ് കാരണം ഇതെല്ലാം തൻ്റെ വ്യാവഹാരികതയിൽ തന്റെ അനുഭവത്തിൽ അടങ്ങുന്നതാണ് തൻ്റെ ഈ വ്യാവഹാരികമായ അനുഭവം എന്ന് പറയുന്നത് താൻ തന്നെ കൽപ്പിച്ചതാണ് താൻ തന്നെ ആരോപിച്ചിരിക്കുന്നതാണ് എന്നാലും എന്തു ചെയ്യുന്നു ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ കൃതാർത്ഥനാകുന്നു സമാധാനം കേട്ട് നമ്മൾ കൃതാർത്ഥനാകുന്നു രണ്ടിൻ്റെയും പരമാർത്ഥം മനസ്സിലാക്കാൻ അതുകൊണ്ടിത് പറയുകയാണ് ഇത് വ്യാവഹാരിക തലം നിന്റെ അനുഭവതലം അപ്പം നിന്റെ ചോദ്യത്തിന് സമാധാനം എന്താണ് നിന്റെ അനുഭവതലത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ അപ്പം പിന്നെ ജ്ഞാനി അല്ലെങ്കിൽ ഗുരു എന്താ ചെയ്യുന്നത് നിന്റെ അനുഭവതലത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നേ അതിനോട് ആവശ്യപ്പെടുകയാണ് അതാണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനം എവിടെയുണ്ടായി ചോദ്യം ഉണ്ടായ സ്ഥലത്ത് ചോദ്യം എവിടെ ഉണ്ടായത് അജ്ഞതയിൽ സമാധാനം എവിടെ ഉണ്ടായി അതും അജ്ഞതയിൽ തന്നെ അവിടെ ഗുരുവിനെന്താ കാര്യം ഗുരുവിനെ എന്താ പറയുന്നത് ജ്ഞാനസൂര്യൻ അപ്പം ജ്ഞാനസൂര്യൻ എങ്ങനെ തമസ്സ് വരും അവിടെ എങ്ങനെ ഇരുട്ട് അവിടെ ഇരുട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ചോദ്യവും സമാധാനവും എങ്ങനെ വരും അപ്പോൾ അവിടെ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ജ്ഞാനം ഏകമാണെന്ന് പറഞ്ഞു ശിഷ്യൻ പറയുന്നത് അതെങ്ങനെ ഏകമാകും അത് അനേകമാണല്ലോ അപ്പോൾ ആനേകം തൻ്റെ സൃഷ്ടിയാണ് അനേകത്വം ആ അനേകത്വം എങ്ങനെ സംഭവിച്ചു അതിന് സമാധാനം താൻ തന്നെ കണ്ടെത്തും അത് താൻ തന്നെ കണ്ടെത്തുന്ന സമാധാനം എല്ലാ സമാധാനങ്ങളും എല്ലാ മറുപടികളും അവനവൻ തന്നെ കണ്ടെത്തുന്നതാണ് അതിനെന്താ യുക്തി കാരണം ഒരു ചോദ്യത്തിന് ഒരാൾ സമാധാനം കണ്ടെത്തി മറ്റൊരുവന് ആ സമാധാനം കണ്ടെത്തിയില്ലെങ്കിൽ അത് ചോദ്യമായി അവശേഷിക്കും എന്നുവെച്ചാൽ വേറൊരാളുടെ സമാധാനം നമുക്ക് സമാധാനമാകുന്നില്ല വേറൊരാളുടെ ഉത്തരം നമുക്ക് ഉത്തരമാകുന്നില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നതാണോ ആ ഉത്തരം ആ സമാധാനം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നു അപ്പൊ തനിക്ക് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് തന്റെ സമാധാനമാകുന്നതാണ് താൻ തന്നെ ചോദിച്ച അതുകൊണ്ടാണ് വേറൊരുത്തൻ സമാധാനം കിട്ടിയാൽ തനിക്ക് സമാധാനം വരാതെ അതുകൊണ്ട് സമാധാനം ഗുരുവിൻ്റെതല്ല ഗുരുവിൻ്റെ സമാധാനമാണെങ്കിൽ നിനക്ക് ശാന്തനാകാൻ പറ്റത്തില്ല നിന്റെ ജിജ്ഞാസ ശമിക്കത്തില്ല അങ്ങനെ ജിജ്ഞാസ ശമിച്ചിരുന്നെങ്കിൽ ഒരാളൊരു ചോദ്യം ചോദിച്ച് സമാധാനം വന്നപ്പോൾ അടുത്തിരിക്കുന്നവനും സമാധാനം വരേണ്ടതാണ് അത് വരുന്നില്ല അവൻ സ്വയം ബോധ്യപ്പെട്ടാലേ സമാധാനം വരും ഇപ്പോൾ സ്വയം തന്നിലാണ് ബോധ്യപ്പെടുന്നത് അത് തൻ്റെതാണ് ഗുരുവിൻ്റെ ഗുരുവിൻ്റെ സമാധാനമാണെങ്കിൽ അത് ഗുരുവിൽ ഇരിക്കും ഗുരുവിൻ്റെ ജ്ഞാനം ഗുരുവിലിരിക്കും ഇവിടെ എന്താണ് തൻ്റെ അനുഭവത്തിലാണ് ചോദ്യങ്ങളും സമാധാനം ആ തൻ്റെ അനുഭവം അതെങ്ങനെ സംഭവിക്കുന്നു അത് ഉപദേശങ്ങളെല്ലാം എന്തിനു വേണ്ടി ഗുരുവിന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ആചാര്യന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ഉപദേശം ശ്രോതാവിന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നീ ചിന്തിക്കുക മനസ്സിലാക്കുക നിന്റെ ചോദ്യത്തിന് നീ സമാധാനം കണ്ടത്തുക അതാണ് പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ് ഗുരു സമാധാനം തന്നു ഗുരു സമാധാനം തരുന്നില്ല കാരണം ഗുരുവിൽ പ്രശ്നമില്ല ഗുരുവിൽ പ്രശ്നമില്ലാത്ത കൊണ്ട് തന്നെ ഗുരുവിൽ സമാധാനവും ഉത്തരവും പ്രശ്നവും ഉത്തരവുമില്ലെങ്കിൽ ഇല്ലാത്ത സാധനം എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു അതങ്ങനെ സാധിക്കും നമ്മളിലുള്ള സാധനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും സമാധാനം ചോദ്യം അത് എവിടെയാണ് അതെങ്ങനെ സംഭവിക്കുന്നു അത് വ്യക്തമായ ഗുരു പറയുന്ന ഇതൊന്നും എന്നിലല്ല സംഭവിക്കുന്നത് ഈ ജ്ഞാനത്തിൻ്റെ നാനാത്വത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് നിന്റെ അനുഭവത്തിലാണ് ഇപ്പോ ഞാൻ വേറെ നീ വേറെ എങ്ങനെ ഇരിക്കുകയാണ് എന്നും നാനാത്വമല്ല ഏകരൂപത്തിലുള്ള ജ്ഞാനസ്വരൂപനായി തന്നെ ഇരിക്കുന്നു അവിടെ രണ്ടാമതൊരു ജ്ഞാനമില്ല അവിടെ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന മറ്റൊരു വിജ്ഞാനമില്ല പക്ഷെ നിന്നിലതിരിക്കുന്നു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന വിജ്ഞാനമുണ്ട് ഞാൻ പരമാർത്ഥിക നിലയിൽ നീ വ്യാവഹാരിക നിലയിൽ അതിനിന്റെ ചോദ്യത്തിന് സമാധാനം നിന്നിൽ തന്നെയുണ്ട് അത് എന്നിൽ നിന്ന് വരേണ്ട കാര്യമില്ല അത്തരത്തിലാണ് ഇവിടെ സമാധാനം പറയുന്നത് പറയുന്ന അന്യോഹിസ ആത്മാ ഈ പറയുന്ന ആത്മാവുണ്ടല്ലോ അത് അന്യനാണ് ഞാനല്ല എന്നർത്ഥം സ്വരൂപസ്ഥിതനായിരിക്കുന്ന സ്വമഹിമയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ഗുരുവല്ല അത് ആത്മസ്വരൂപമല്ല എന്നർത്ഥം അന്യോഹിച്ച് ആത്മാ അതന്യനാണ് അവിടെ ഇതെല്ലാം ഉണ്ട് ഒരിടത്ത് സംസാരനിർമുക്തി മറ്റൊരിടത്ത് സംസാര ബന്ധനം ഇതാണല്ലോ രണ്ടനുഭവം ഈ അനുഭവത്തെ ആശ്രയിച്ചാണല്ലോ ഈ ചർച്ചകളെല്ലാം അപ്പൊ നിങ്ങൾ ഒരിക്കലും ഗുരുവിനെ കുറിച്ച് വേണ്ടി എന്ത് ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കിയാണ് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു അന്യോഹിസ ആത്മാ അന്യനാണ് ഈ അന്യനാണ് അവൻ എങ്ങനെ അന്യനായിരിക്കുന്നു പരമാർത്ഥത്തിൽ അന്യനല്ല പരമാർത്ഥം താനായി തന്നെയിരിക്കുന്നു എപ്പോഴും ഗുരുവായി തന്നെ ഇരിക്കുന്നു ഇത് പരമാർത്ഥമല്ല എങ്കിലും അന്യനായിരിക്കുന്നു പരമാർത്ഥത്തിലല്ലാതെ അന്യനായിരിക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു ബുദ്ധി ആദി കാര്യകരണ സംഘാത അഭിമാന സന്താന അവിച്ചേദലക്ഷണം അതാണ് ബുദ്ധിയാധികാരികരണങ്ങൾ ബുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സെല്ലാം ചേർക്കണം അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾ ശരീരം എന്ന് പറയുന്ന സ്ഥൂലസൂക്ഷ്മ കാരണം വന്നു പഞ്ചകോശങ്ങളൊന്നും എല്ലാം പറയുന്ന ഈ കാര്യകരണ സംഘാതം ഇതെന്താ പറയുന്നത് നിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു ഈ അനുഭവത്തിൽ സംശയമില്ല നിന്റെ അനുഭവത്തിൽ നിനക്ക് സംശയമില്ല നിനക്ക് സംശയം വന്നിരിക്കുന്നത് പരമാർത്ഥത്തിലാണ് പരമാർത്ഥം എന്തുകൊണ്ട് പരതായിക്കൂടുക ദീപം പലതായിരിക്കുന്നത് പോലെ എന്തുകൊണ്ട് വിജ്ഞാനം പലതായി കൂടാന്നോ അവിടെയാണ് തൻ്റെ അനുഭവത്തിന് എന്താ സംശയം സംശയമില്ലെങ്കിൽ ആദ്യം തനിക്ക് സംശയമില്ലാത്തതിനും ബോധിക്കുക എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നു ബുദ്ധി ആദി കാര്യകരണ സംഘാത അഭിമാനം അതാണിവിടെ ഈ പറയുന്നല്ലോ ഞാൻ അത് ഏകരൂപത്തിട്ടിരിക്കുന്നു ആ ഞാനെന്ന് പറയുന്ന ആ ഏകത്വം അതെന്താണോ അത് കേവലമായ അഭിമാനമാണ് അനുഭവമാണ് വ്യവഹാരമാണ് വ്യാവഹാരികമായ അനുഭവം എന്ന് പറയും എന്നിട്ട് നിനക്ക് തന്നെ വ്യവഹരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാൻ ഇത് മനസ്സിൻ്റെ ഒരു ആവർത്തിയാണ് മനസ്സിൽ ഇങ്ങനെ ആവർത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ അനുഭവത്തിൽ ഈ അനുഭവത്തെ ഇത് കഴിഞ്ഞു പോയതെന്ന് നമുക്ക് സ്മരിക്കാൻ പറ്റും ഭാവിയിതും ഇതിങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്താണ് ഈ കാര്യകരണ സംഘാതത്തിലുള്ള അഭിമാനമാണ് ഇങ്ങന ഇത് വ്യവഹാരമാണ് അനുഭവമാണ് ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്താണ് ഇതിനൊരു തുടർച്ചയുണ്ട് ഇതെവിടെ പോലെ ആരംഭിക്കുന്നത് നമ്മൾ പറയും ജനനം പോലെ ആരംഭിച്ചു ഇത് ജനനം പോലെ ആരംഭിക്കുന്നത് ഇതാരംഭിക്കുന്നത് ഉണർവിലാരംഭിക്കുകയാണ് സുഷൃത്തിയിൽ നിന്നും ഉണരുമ്പോ ഈ സന്താനം അറ്റുപോകുന്നു നിലയില്ലാതെ പോകുന്നു നിലയറ്റു പോകുന്നു എവിടെ സുഷൃത്തി അവിടെ ഈ അനുഭവമില്ല അതുകൊണ്ട് നമ്മളതിനെ വ്യാവഹാരികം എന്ന് പറയുന്നുണ്ട് അനുഭവതലം എന്ന് പറയുന്നു അവിടെ നിന്ന് ഉണർന്നു വരുമ്പോൾ ഇതനുഭവിക്കുന്നു ഈ സന്താനം ഏതുവരെ അടുത്ത ഉറക്കം വരെ മാത്രം പിന്നെ നമുക്ക് രണ്ടിനെയും ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട് പരസ്പരം കൂട്ടിച്ചേർക്കാൻ വയ്യാത്ത രീതിയിൽ ഇത് അവിടെ വേർപെട്ട് പോവുകയാണ് അല്ലേ ഒരു ജാഗ്ര ആ ജാഗ്രത അവസാനിച്ച് സുഷൃത്തിയിലേക്ക് പോകുന്നു സുഷൃത്തിയിൽ നിന്ന് വേറൊരു ജാഗ്രതത്തിലേക്ക് വരുന്നു ആ സുഷൃത്തിയിലേക്ക് പ്രവേശിച്ചു ഈ പറയുന്ന സന്താനവി എന്ന് പറയുന്നതിൻ്റെ ഒഴുക്കിൽ നിന്നുപോയി ഓണരുമ്പോൾ വീണ്ടും ഇത് പ്രകടമാകും ഇതിനെ നമുക്ക് കുട്ടിയോജിപ്പിക്കാൻ സാധ്യമ ഈ ജാഗ്രത്തിന് മുമ്പുള്ള ജാഗ്രത്തുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ച് ഒന്നാക്കാൻ വയ്യ കാരണം ഇടയ്ക്ക് ശക്തമായൊരു മറവ് സൃഷ്ടിയുടെ മറവ് വന്നിട്ട് ഇതിനെ പരസ്പരം വിച്ഛേദിച്ച് കളയും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊരു സുഹൃത്തിയിൽ നിന്നും അടുത്ത സുഹൃത്തിവരെ അവസാനിക്കാതെ വിച്ഛേദിക്കാതെ തുടരുന്നു വീണ്ടും അടുത്ത സുഹൃത്തി കഴിഞ്ഞ് വീണ്ടും തുടരുന്നു അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ജാഗ്രതയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് അവിഛേദമായി പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയും ഇടയ്ക്ക് വിച്ഛേദിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്താണ് സന്താന അവിദ സന്താനത്തിന്റെ അവിദ എത്ര ജാഗ്രതകളെ കുറിച്ച് സ്മരിക്കാൻ കഴിയും എത്രയോ ജാഗ്രതകൾ കടന്നുപോയി നമുക്ക് ഈ ജാഗ്രതകളെല്ലാം സ്മരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ജാഗ്രത എന്നുള്ള രീതിയിലല്ലാതെ ഈ കഴിഞ്ഞ ജാഗ്രത അതിന് മുമ്പുള്ള ജാഗ്രത അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ജാഗ്രത പോലും നമുക്ക് സ്മരിക്കാൻ കഴിയത്തില്ല കാരണം ഇതിനിടയ്ക്ക് എപ്പോഴൊക്കെയാണ് ഈ സുശക്തി കടന്നു വന്നതെന്ന് തന്നെ നമുക്ക് ഓർമ്മയില്ല അത് എത്രയോ സമയം വന്ന് കടന്നുപോയി നമ്മൾ ജാഗ്രത ആയിരിക്കുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് സുശൃക്തി വന്ന് കടന്നുപോയി ഇതിന് വിച്ഛേദം സംഭവിച്ചു എന്നാണിത് അവിഛിന്നമായി തുടർന്നു കൊണ്ടേ ഇതാണ് അവിഛേദ ലക്ഷണ അവിവേകാത്മക ഇത് അവിവേകരൂപത്തിലാണ് ഇവിടെ അഹംസ്ഫുരണം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതായത് വെളിച്ചം സദാ തുടർന്നിരിക്കുന്നുണ്ടെങ്കിലും വിരളിൽ നിന്ന് മോചനമില്ല അതാണ് അവിവേകാത്മകത്വം എന്ന് പറയുന്നത് വിരള് കലർന്ന പ്രകാശം അതാണ് ഇത് അല്ല പരമപ്രകാശം എന്ന് പറയുന്നു ഉരുളു കലർന്ന പ്രകാശം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇവിടെ അനേക പ്രകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ നമുക്ക് പറയാമല്ലോ ഇന്നലെയും ഈ ബോധമുണ്ടായിരുന്നു കഴിഞ്ഞ സുഷുതിക്ക് മുമ്പിലും ഈ ബോധം ഉണ്ടായിരുന്നു ബോധം അനേകമാണ് ഏകരൂപത്തിൽ അനുഭവപ്പെട്ടാലും അതനേകമാണ് ഈ സ്ഫുരണത്തെ ആശ്രയിച്ച് അനേക ബോധങ്ങളുണ്ട് ഇത് അവിവേകാത്മകമാണ് ഇത് അവിവേകമെന്ന് ആര് പറയുന്നു ആ പാരമാർത്ഥിക തലത്തിൽ പറയുകയാണ് വ്യാവഹാരികമായി അനുഭവിക്കുന്നവൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇത് അവിവേകാത്മകമാണെങ്കിൽ അതായത് ഇത് വിരു ഒരു പ്രകാശമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ പറയുന്നതിലുതിയുണ്ട് എന്ന് വാശി പിടിക്കുന്നതിൽ എന്താ എൻ്റെ അനുഭവത്തിൽ ജ്ഞാനം പലതാണ് അത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് അതാണ് പരമാർത്ഥം എന്ന് പറയാൻ പാടില്ല ഇത്രേ പറയുന്നു എൻ്റെ അനുഭവവും അസംബന്ധമാണെന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ അഹമെന്നുള്ള സ്ഫുരണമുണ്ട് അതിനനുസരിച്ച് നാനാ അറിവുകളുണ്ട് എന്റെ അനുഭവം അങ്ങനെയാണ് ശരി നിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നത് ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നത് അത് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അനുഭവമാണ് അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഈ അനുഭവം പരമാർത്ഥമല്ല അത്രയും പറയുന്നു ഇതെന്താണ് ബുദ്ധി അവഭാസ പ്രധാന ഇത് ജ്ഞാനത്തിൻ്റെ ഒരു ഭാനമാണ് ഒരു പ്രതീതിയാണ് ഭാനം ബുദ്ധി അവഭാസ പ്രധാനം ഇവിടെ നീ ബുദ്ധി അവഭാസപ്രധാനായി നിൽക്കുകയാണ് ഈ ഞാൻ ജ്ഞാനം എന്നുള്ള അനുഭവം ഈ ഇവിടെ ഇതിനെ വരുന്ന നാനാ അത് അനുഭവം ഏത് തരത്തിലായാലും ശരി ഇനി അതിനെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും ശരി തത്വമസി എന്ന് പറഞ്ഞാലും അജ്ഞോഹമെന്ന് പറഞ്ഞാലും ഇതെല്ലാം ബുദ്ധിയവഭാസം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും ഭാനമാണ് ഈ പറഞ്ഞ അനുഭവ പ്രവാഹത്തിൽ വരുന്ന ഒന്നാണ് ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ക്ഷേമം ഒന്നേ അത് ഭാനമല്ലാതെ ആകുന്നു എന്ന് നിന്റെ അനുഭവത്തെ അംഗീകരിച്ച് മനസ്സിലാക്കിയാമോ ഇവിടെ ഈ നാനാത്വഭാനം എന്തുകൊണ്ടിങ്ങനെ നിലനിൽക്കുന്നു പറയുന്നു ചക്ഷുരാതി കർണ നീ ചുരാധികർണങ്ങളോടുകൂടി വേണം ചക്ഷുരാദി എന്ന് പറയുമ്പോൾ മനസ്സ് വരെ ഓണം സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുവരെയുള്ള കർണങ്ങളോടുകൂടിയവനാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ദാനം നിനക്കുണ്ടാവണമെങ്കിലും ഈ മനസ്സ് വേണം മനസ്സില്ലാതെ ഉണ്ടാകുന്നു അപ്പൊ ഈ എല്ലാ അനുഭവങ്ങളും കരണത്തെ ആശ്രയിച്ചുള്ളതാണ് കരണം തന്നെ നാനാരൂപത്തിൽ നിൽക്കുന്നു അത് അവിവേക പ്രധാനമായിരിക്കുന്നു ഇതിനെ ആശ്രയിച്ച് നിനക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും അതെല്ലാം എന്താണ് അവിവേകാത്മകമാണ് എല്ലാം വിവേകാത്മകമാണ് എല്ലാം കേവലം ഭാനം മാത്രമാണ് അതിൽ നാനാരൂപത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പരമാർത്ഥം അതല്ല പരമാർത്ഥം എന്താണ് നിത്യസ്വരൂപ ആത്മാന്തസ്സാരം ഇതിൽ അന്തസ്സാരമായിട്ടുണ്ട് ആന്തരികമായ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് ആധാരമായ അധിഷ്ഠാനമായ സാരമായ ഒന്നുള്ള അങ്ങനെയാണ് പരമാർത്ഥം എന്ന് പറയുന്നത് അതെന്താണ് നിത്യചിസ്വരൂപം നിത്യചിസ്വരൂപമായ ആത്മാവാണ് നിത്യചിസ്വരൂപമായ ഈ അന്തസാരമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ആ ചിത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ ചൈതന്യം ഈ ചൈതന്യപ്രവാഹം ശിഷ്യൻ നിൽക്കുന്ന തലം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്യൻ നിൽക്കുന്ന തലം ഈ ചൈതന്യപ്രവാഹത്തിന്റെ തലം അതിനെയാണ് അവൻ ഞാൻ എന്നറിയുന്നത് അതിനെയാണ് അവൻ ജീവനായി അറിയുന്നത് അവിടെയാണ് അവന് നാനാത്വജ്ഞാനത്തിന്റെ അനുഭവം പക്ഷെ അവിടെ നിത്യസ്വരൂപ ആത്മ അന്തസ്സാരം അങ്ങനൊന്നുണ്ട് ഏതൊരു പ്രകാശത്തെ ആശ്രയിച്ചാണോ ഈ പ്രകാശമെന്ന ആ പ്രകാശത്തെ ബോധിപ്പിക്കാനാണോ ശ്രുതി ശ്രമിക്കുന്നത് ഈ പ്രകാശങ്ങളെല്ലാം ബോധിച്ചു കഴിഞ്ഞതാണ് അഹം ബ്രഹ്മാസി വരെ ബോധിച്ചു കഴിഞ്ഞു അതെല്ലാം ഈ ചിപ്രവാഹങ്ങളിലയ്ക്ക് എല്ലാം ഒന്ന് ഒരു വ്യത്യാസമുണ്ട് എത്ര അനിത്യം വിജ്ഞാനം അവഭാസതെ അവിടെ ഈ അന്തസാരത്തിൽ ഇതിൻ്റെ ആധാരത്തിൽ എവിടെയാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അനിത്യം വിജ്ഞാനം അവഭാസത ഇത് മനസ്സിലാക്കിയാൽ മതി അവിടെ ഈ അനിത്യവിജ്ഞാനം അനിത്യവിജ്ഞാന ഭാനം അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ ഈ അനിത്യവിജ്ഞാനം പ്രതീതമായി കൊണ്ടേയിരിക്കുന്നു അവിടെ അതിന് യുക്തിയുണ്ട് പറയുന്നത് ഇതാരാണ് ഗുരുബോധിക്കുന്ന കാര്യമാണല്ലോ ശിഷ്യൻ തന്നെ ബോധിക്കുന്ന ശിഷ്യൻ തന്നെ തൻ്റെ സ്വരൂപത്തെ ബോധിക്കുകയാണ് ഈ വിജ്ഞാന പ്രവാഹം ഇതിന് ആധാരമായിരിക്കുന്ന ഒരു വിജ്ഞാനത്തെ ആശ്രയിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കണം ഇത് ശിഷ്യൻ ബോധിക്കുന്ന കാര്യമാണ് ശിഷ്യന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ശിഷ്യന്റെ ചോദ്യത്തിന് ശിഷ്യൻ കണ്ടെത്തുന്ന സമാധാനമാണ് ഇത് കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ് ഇത് താൻ കണ്ടെത്തണം ഗുരു കണ്ടെത്തിയിട്ട് എന്താ തനിക്കെന്താ ഒരു ആഹാരം കൊണ്ട് മറ്റൊരുത്തിന്റെ വിശപ്പ് മാറുന്നില്ല ഇപ്പം പ്രശ്നം തന്നെതാണെങ്കിൽ സമാധാനവും തന്നെ തന്നെ ഉണ്ടെന്നാണ് ഇത്രയുള്ള വ്യത്യാസം പ്രശ്നങ്ങൾ നമ്മൾ ബാഹ്യമായി ഉന്നയിക്കുന്നു സമാധാനം ആന്തരികമായി വെളിപ്പെടുന്നു ഇതേ ചോദ്യ സമാധാനം എന്നുള്ള വ്യത്യാസം പ്രശ്നങ്ങളുടെ തന്നെ ഇപ്പോഴും ബാഹ്യമായി സമാധാനത്തിൻ്റെ തലം അതിനെ അപേക്ഷിച്ച് അപേക്ഷികമായി ആന്തരികമായിരിക്കും സമാധാനിക്കുന്നു ശരി ജിജ്ഞാസ ശ്രമിക്കുന്നു ഇപ്പോൾ ശിഷ്യൻ്റെ ആ ജിജ്ഞാസെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ഗുരു അവന്റെ അനുഭവത്തെ അവൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ വെളിപ്പെടുത്തുകയാണ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതാണ് അനുഭവം അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ശിഷ്യന് അംഗീകരിക്കേണ്ടി വരുന്നു അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ശിഷ്യനെ നിഷേധിക്കാൻ കഴിയത്തില്ല ഇത് നിഷേധിച്ചൻ എങ്ങനെ ഇത് ഗുരുവിന്റെ അനുഭവം ആയിരുന്നെങ്കിൽ നിഷേധിച്ചു തന്റെ ചോദ്യത്തിന് സമാധാനമായി നമ്മൾ പറയുന്ന എന്താണ് ഗുരു സ്വന്തം അനുഭവത്തെ ഇവിടെപ്പെടുത്തുന്നു നമ്മള് ധരിച്ചിരിക്കുന്നത് അതല്ല സംഭവിക്കുന്നു ഗുരു സ്വന്തം അനുഭവത്തെ അല്ല വെളിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ സാധാരണ പറയാറുണ്ട് പരമാർത്ഥം അതല്ല ഗുരു എന്ത് ചെയ്യുന്നു ശിഷ്യന് സ്വന്തം അനുഭവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മുറിയിൽ ഇരുട്ട് മാറുന്നതിന് അടുത്ത മുറിയിൽ വിളക്ക് കൊടുത്തിയാൽ അത് സാധ്യമല്ലല്ലോ എവിടെയാണോ ഇരുട്ടുള്ള അവിടെ തന്നെ വിളിച്ചും വരണം ഇവിടെ ഗുരുവിലാണോ ശിഷ്യനിലാണോ ഇരുട്ട് ശിഷ്യനിലാണ് ഇരുട്ടെങ്കിൽ വിളിച്ചവിടെ തന്നെ വരണം അപ്പൊ ഗുരുവിന്റെ അനുഭവം കൊണ്ട് ശിഷ്യൻ എന്താ കാര്യം ശിഷ്യന്റെ അനുഭവം വെളിപ്പെട്ടാലേ ശിഷ്യന് ഉപകരിക്കത്തുള്ളൂ നമ്മുടെ ഗുരുവിന്റെ അനുഭവത്തെ അല്ലേ വെളിപ്പെടുത്തുന്നത് ശിഷ്യനോട് ആവശ്യപ്പെടുകയാണ് എന്താണ് നിന്റെ അനുഭവം നിന്റെ അനുഭവം നിന്നിൽ വലപ്പെടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത് തന്റെ അനുഭവം തന്നിൽ വലപ്പെടണം അപ്പോ എത്ര അനിത്യം വിജ്ഞാനം ഔഭാസതേ എവിടെയാണോ ഈ അനിത്യമായ വിജ്ഞാനം പ്രതീതമാകുന്നത് ഭാസിക്കുന്നത് ഇത് ശിഷ്യന് ബോധ്യപ്പെടേണ്ട കാര്യമാണ് ഇത് ബോധ്യപ്പെട്ടാൽ അത് പരമാർത്ഥത്തിന്റെ ബോധ്യപ്പെടലാണ് അപ്പോൾ ശിഷ്യൻ അംഗീകരിക്കും എന്താണോ അവിജ്ഞാനം ഏകം തന്നെ ആ ഏകത്തിലാണ് ഈ നാനാത്വ പ്രതീതി നാനാത്വ അനുഭവം അത് മുക്തിക്കും സ്വാനുഭവത്തിൽ നിരക്കുന്നതാണ് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിന് വിശദീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ കാര്യമാണ് ഇത് അന്തർമുഖമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവശാസ്ത്രത്തെ പഠിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ സംഭവിക്കുന്നു ശരീരത്തിന് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു അതിൻ്റെ പ്രവർത്തനത്തിന് ഇങ്ങനെ ഇങ്ങനെ എല്ലാം തകരാറുകൾ വരാം അങ്ങനെ ഒന്നാൽ ഇതെല്ലാം അവസാനിക്കും അത് അങ്ങനെ വസ്തു നിഷ്ഠമായ ഇവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കുക മറിച്ച് ആത്മനിഷ്ഠമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുക രണ്ടും നമ്മളുടെ വ്യത്യാസം അത് അന്തർമുഖമായി ഗ്രഹിക്കാൻ പറ്റും വിഷയോന്മുഖമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല ഏത് സമയവും അത് ഉള്ളിലിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശ്രവണത്തിൻ്റെ മനനത്തിൻ്റെ രീതിയിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കേവലം ഭാരം बुद्धि आयास अत्र नाम अब वर्धिक अवर्धा बुद्धि भारत अब तलचरीश्री ओर्म से ओर्मशक्ति आश्री അത് പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി ഒരു കാര്യവും പറയുന്നു ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ഈ പറയുന്ന വസ്തുനിഷ്ഠമായ അറിവാണ് നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യം അത് ഓർമ്മയിൽ സൂക്ഷിക്കണം പിന്നെ ഓർമ്മയിൽ നിന്നെടുത്ത് പ്രയോഗിക്കണം അതെവിടെയെങ്കിലും അത് ആലേഖനം ചെയ്ത് പറ്റും പിന്നെ അത് പുറത്തെടുക്കും ഇവിടെ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയും ഓർമ്മിച്ചിരിക്കേണ്ട അറിവല്ല ഇവിടെ എന്താണ് ആത്മനിഷ്ഠമായ അറിവിനാണ് അന്തർമുഖമായ അറിവാണ് അത് ഓർമ്മിച്ചിട്ട് പിന്നെ വെളിപ്പെടുന്നതല്ല മനസ്സ് സ്വയം വെളിപ്പെടുന്നതാണ് ഓർമ്മയെ ആശ്രയിക്കുന്ന പറഞ്ഞാൽ പഠിച്ചിട്ട് പഠിപ്പിക്കുന്നതല്ല അങ്ങനെയുള്ള ഒരാറിവല്ലേ നമ്മൾ പഠിച്ചാൽ നമുക്ക് പഠിപ്പിക്കാം അത് രണ്ടു ഓർമ്മയെ ആശ്രയിച്ച് നടക്കുന്ന കാര്യമാണ് ഇതെ ആശ്രയിക്കുന്നില്ല എന്ന് ശിഷ്യനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ശിഷ്യനെ സ്വയം ബോധ്യപ്പെടണമെങ്കിൽ അവനതിനെ അഭിമുഖമായി ആത്മനിഷ്ഠമായി കരിച്ചാലേ പറ്റും വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റും അദ്വൈതം അല്ലെങ്കിൽ വേദാന്തം നമുക്ക് അങ്ങനെയും പഠിക്കാം അതിനങ്ങനെയും ധരിക്കാം എങ്ങനെ വസ്തുനിഷ്ഠമായി ഇന്നത് ഇന്നതൊക്കെയുണ്ട് പഞ്ചഭൂതങ്ങൾ ഇന്നതാണ് പഞ്ചേന്ദ്രിയതാണ് പഞ്ചകോശങ്ങൾ ഇന്നതാണ് ശരീരം എത്രയും ഇന്നതാണ് അങ്ങനെ വസ്തുനിഷ്ഠമായും മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മളറിവിന് കനം കൂട്ടം പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ആത്മനിഷ്ഠമായിട്ട് ഇതെങ്ങനെ അവന്റെ അവിവേകത്തെ നശിപ്പിക്കും എന്ന് ബോധ്യപ്പെടുത്താണ് ഇതുമാത്രമേ ആ വിവേകത്തെ നശിപ്പിക്കത്തുള്ളൂ എന്തുകൊണ്ട് വസ്തുനിഷ്ഠമായ അറിവ് ആ വസ്തുനിഷ്ഠമായ അറിവില്ലായ്മയെ നശിപ്പിക്കൂ അത് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾ ഈ പുസ്തകത്തെ കാണുമ്പോൾ അവിടെ അജ്ഞാനം നശിക്കുന്നുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ അവിടെ അജ്ഞാനം നശിക്കുന്നുണ്ട് അത് എങ്ങനെ ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം അതേ നശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിരന്തരം അറിവുണ്ടായിരുന്നിട്ടും നീ അജ്ഞനായിരിക്കുന്നു ആത്മനിഷ്ഠമായിരിക്കുന്ന അജ്ഞാനത്തെ ആത്മനിഷ്ഠമായ അറിവേ നശിപ്പിക്കത്തുള്ളൂ അതിന് വസ്തുനിഷ്ഠമായ അറിവ് സഹായിക്കുന്നുണ്ട് ആത്മനിഷ്ഠമായ അന്തർമുഖമായ അറിവെ സഹായിക്കും അന്തർമുഖമായ അറിവ് അന്തർമുഖമായ ശ്രവണം മനനം ധ്യാനം കൊണ്ടേ സാധ്യമാണ് അത് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ അവന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് എന്താണ് എത്ര അനിത്യം വിജ്ഞാനം ഔപാസത എന്റെ അനുഭവത്തിൽ ഈ അനിത്യമായ വിജ്ഞാനത്തിന്റെ പ്രവാഹമുണ്ട് അത് ശരിയാണ് നിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല പക്ഷേ അവിടെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അന്തസാരമായി അതിൻ്റെ സ്വരൂപമായ നിത്യജിത് അത് പ്രകാശിക്കുന്നുണ്ട് അവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കുമ്പോൾ അവന് പ്രത്യേകിച്ചൊന്നും ഓർമ്മിച്ച് വയ്ക്കാനൊന്നുമില്ല അവിടെ കാണാതെ പഠിക്കാനൊന്നുമില്ല സ്വസ്വരൂപത്തിൽ ആണി വിജ്ഞാനപ്രവാഹം സംഭവിക്കുന്നത് അത് ആണ് തൻ്റെ അന്ധസ്ഥാനമായിരിക്കുന്നത് അതാണ് പരമാർത്ഥമായിരിക്കുന്നത് അവൻ ബോധിക്കുന്നു അവിടെയാണ് അജ്ഞാനനാശം സംഭവിക്കുന്നത് സംഭവിക്കേണ്ടത് ബൗദ്ധ പ്രത്യയാന ആവിർഭാവ തിരോഭാവ ധർമ്മത്വ തദ്ധർമ്മതയായവ വിലക്ഷണമപി അവഭാസതേ നാനാവിജ്ഞാനത്തെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു കാരണം അത് ബൗദ്ധ പ്രത്യേകങ്ങളാണ് ബുദ്ധിയുടെ പരിണാമങ്ങളാണ് ബുദ്ധിയുടെ ഒരു പ്രവാഹമാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു പ്രവാഹമാണ് അത് ജാഗ്രത്തിനും സ്വപ്നത്തിനും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ബൗദ്ധപ്രത്യകങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഈ അറിവ് വിജ്ഞാനം നാനത്വത്തെ ബോധിപ്പിക്കുന്ന ആത്മീയമായും ഭൗതികവുമായും ഉള്ള അറിവുകൾ ഇതെല്ലാം ബൗദ്ധപ്രത്യകങ്ങളാണ് ഇതാവിർഭാവ തിരോഭാവ ധർമ്മതത്വ ഇതിന്റെ സ്വഭാവം തന്നെ എന്താണ് ഇത് ആവിർഭവിക്കുക തിരോഭവിക്കുക പ്രതിനിമിഷം നമ്മുടെ ഉള്ളിലൂടെ അറിവ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് പരിണമിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ശബ്ദം ശബ്ദം ശ്രമിക്കുന്നു ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു ശ്രവണേന്ദ്രിയാണ് അതിനെ സഹായിക്കുന്നത് അർത്ഥബോധം മാറിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് മനസ്സിൽ പരിണാമം മാറിക്കൊണ്ടിരിക്കുന്നു ഒരറിവ് പോയി വേറൊരറിവ് വരുന്നു ഇങ്ങനെ ഒരു അറിവിൻ്റെ പ്രവാഹം ഈ ജീവനിൽ ആവിർഭാവ തിരുഭാവരൂപത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തദ്ധർമ്മത ഇതെല്ലാം സംഭവിക്കുന്ന ഈ മനസ്സിലാണ് മനസ്സിലാണ് പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എങ്കിലും നമ്മൾ അതിലേക്ക് വിജ്ഞാനത്തെ ആരോപിക്കും സ്വസലമായിരിക്കുന്ന അറിവിനെ അതിലേക്ക് ആരോപിക്കുന്നു ഇത് സ്വസ്വരൂപപ്രകാശമാണ് മറിച്ച് മനസ്സിൻ്റെ ഒരു തിളക്കമാണ് സൂര്യൻ പ്രകാശിക്കുന്നു സൂര്യൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രകാശമാണ് പരമാർത്ഥം എങ്കിലും ഈ ഭൂമിയിലും രത്നങ്ങൾ പ്രകാശിക്കുന്നുണ്ട് മുത്ത് പവിഴം ഇങ്ങനെയുള്ള നിസ്സാരമായി വസ്തുക്കൾ പ്രകാശി പ്രകാശിക്കുന്നുണ്ട് ഇതെല്ലാം ആ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ചെറിയ അംശങ്ങളാണ് വാസ്തവത്തിൽ നിന്നൊന്നും സ്വയം പ്രകാശം ചന്ദ്രൻ പ്രകാശിക്കുന്ന സ്വയം പ്രകാശിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് പ്രകാശിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അതിന് നമുക്ക് മുഖ്യപ്രകാശം എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഈ ബുദ്ധി പരമാത്മ സൂര്യന്റെ പ്രകാശത്തിൽ ഒന്ന് തിളങ്ങുന്നു എന്നേ ഉള്ളൂ അതിനെ കണ്ടിട്ടാണ് പറയുന്നത് നമ്മളെന്താണ് ഇവിടെ ജ്ഞാനം അനേകമുണ്ട് ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്ന ആ ധർമ്മം അത് ഈ ബുദ്ധിയിലേക്ക് വരുന്നത് നമ്മൾ പറയും പ്രതിബിംബമാണെന്ന് പറയും ബിംബസ്ഥാനീയനായ സൂര്യന്റെ പ്രതിബിംബമാണെന്ന് പറയും ജ്ഞാനം വാസ്തവത്തിൽ അങ്ങനെ വരാനുള്ളതല്ല ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് പ്രതിബിംബിക്കാനേ സാധ്യമല്ല അതിന് പ്രതിബിംബിക്കാൻ രണ്ടാമതൊരിടമില്ല മുമ്പ് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ബ്രഹ്മസൂത്ര ക്ലാസ്സിൽ തന്നെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് ജ്ഞാനത്തിന് പ്രതിബിംബമില്ല അതിന് പ്രതിബിംബിക്കാനൊരിടമില്ല അതിന് പ്രതിബിംബിക്കുന്നതിനൊരു രൂപമില്ല എന്നാലും നമ്മൾ പറയുന്നു എന്താണത് അനേക വിജ്ഞാനം എനിക്ക് നാനാ അറിവുണ്ട് ഇത് ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപമല്ല അതിൻ്റെ വിശേഷതയല്ല അതാണ് പറഞ്ഞ വിലക്ഷണമി ജ്ഞാനം പ്രതിബിംബവിലണമാണ് ഈ രൂപത്തിൽ അത് അനുഭവപ്പെടേണ്ട ഒന്നല്ല എന്നാലും അനുഭവപ്പെടുന്നു അതിനിടയിൽ യുക്തിയില്ല എന്നാലും അനുഭവത്തിലുണ്ട് യുക്തിയില്ലാതെ ഒന്ന് അനുഭവത്തിൽ വന്നാൽ അതിന് പറയും മായ മായയുടെ അർത്ഥം അതാണ് യുക്തിയില്ലാതെ അനുഭവത്തിൽ വരും അനുഭവത്തിൽ അതിന് സമാധാനം അതാണ് പറയുന്നത് ആ തദ്ധർമ്മതയായി ചൈതന്യ ധർമ്മത്തോടുകൂടി ഈ ബുദ്ധിയിൽ അത് ചൈതന്യമല്ല ചൈതന്യത്തിനൂടെ പ്രതിബിംബിക്കാൻ സാധ്യമല്ല ചൈതന്യം ബിംബമോ പ്രതിബിംബമോ അല്ല അതിനെക്കുറിച്ച് പറഞ്ഞ് ചിതേകസാരം ചിസ്വരൂപം ചിദന്തസാരം എന്നെല്ലാം പറഞ്ഞു എന്നാണ് ഇവിടെ അനുഭവത്തിൽ നിൽക്കുന്നത് അതാണ് വ്യവഹാരം എന്ന് പറയുന്നത് ബുദ്ധിയിൽ ജ്ഞാനമുള്ളതുപോലെ തോന്നുന്നു അതിനാണ് അധ്യാസം അതിനാണ് ആരോപം ഇല്ലാത്തവിടെ ഉണ്ടെന്ന് ആരോപിക്കുന്നു വിലക്ഷണമൊക്കെ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ളതല്ല എന്നാലും അവഭാസതെ അതിങ്ങനെ പ്രതീതമായി കൊണ്ടേയിരിക്കുന്നു വാസ്തവത്തിലില്ലാതെ ഇത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ ഞാൻ ജ്ഞാനമുള്ളവനാണ് ഞാൻ അജ്ഞാനിയാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് ഞാൻ ലോകജ്ഞാനമുള്ളവനാണ് ഇങ്ങനെ ഈ പ്രതീത തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇത് അർത്ഥശൂന്യമാണ് വാസ്തവത്തിൽ ഇവിടെ നശിക്കാത്ത ഏകമായ പ്രതീതി മാത്രമേ ഉള്ളൂ നശിക്കാത്ത ഏകമായ പ്രതീതിയിൽ മറ്റു പ്രതീതികളെ ആരോപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നാനാ ഏകമായ പ്രതീതി വേർതിരിക്കുക അതാണ് നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നത് ഈ ഭ്രമാത്മകമായ അനുഭവത്തിൽ നിന്നും ഭ്രമത്തെ വിട്ടിട്ട് അനുഭവത്തെ നടത്തുക നമ്മളീ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതനുസരിച്ച് ഈ സർവ്വ അനുഭവങ്ങളും ഇങ്ങനെ ഭ്രമാത്മകമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല ഭ്രമം എന്ന് പറയുന്നത് അതിൽ നിന്ന് അനുഭവത്തെ വേർതിരിച്ചെടുക്കുക ഈ നാനാത്വബോധത്തിൽ നിന്നും നാനത്തു കളയുക ബോധത്തെ വേഴ്തിരിക്കുക ഹംസോ യഥാക്ഷീരം ഇവാംബ മിശ്രം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഹംസം അസാധ്യം പോലെ തോന്നുന്ന പാലിൻ്റെയും വെള്ളത്തിൻ്റെയും മിശ്രതത്തിൽ നിന്ന് പാലിനെ വേർതിരിക്കുന്നത് ആ ഹംസത്തിന് മാത്രമേ സാധ്യത ഇതും പരമഹംസന്മാർക്ക് മാത്രമേ അതുകൊണ്ടാണ് പരമഹംസന്മാരെന്ന് പറയുന്നത് അവർക്ക് മാത്രമേ ഇത് സാധ്യമാ ഇത് പരമമായൊരു കൃത്യമാണ് അത് എന്റെ അനുഭവത്തിലില്ല എന്ന് പറയുന്ന കാര്യമില്ല എന്തുകൊണ്ട് ഈ അവിവേകാത്മകമായ അനുഭവം ബുദ്ധിയോഭാസം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇത് വ്യവഹാരമാണ് സ്വാനുഭവമാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നു ഇത് പരമാർത്ഥമല്ല ഇതിനെ പരമാർത്ഥമാണെന്ന് ബോധിക്കാതിരുന്നാൽ മതി ആചാര്യൻ പറയുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുക അതാണ് ശ്രുതി പറയുന്നത് അന്ധക്കരണസ്യ മനസ്സോഭിമനോ അന്തർഗതത്വ സർവാന്തരശ്രുതേഹി പറയുന്നു നിങ്ങളുടെ അനുഭവം നിൽക്കുന്ന മനസ്സിലാണ് മനസ്സിലാണ് ഈ പ്രത്യയ ആവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനസ്സിനുള്ള റിവിനെ കണ്ടിട്ടാണ് എനിക്ക് അനേക അറിവുണ്ടെന്ന് പറയുന്നു ആ മനസ്സിന്റെ ചലനങ്ങളെ കണ്ടിട്ടാണ് ഇതാണെങ്കിലോ മനസ്സോക്കി മനഃഹ മനസ്സിനും മനമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണോ ഇതിന്റെ പ്രതിബിംബത്തെ സ്വീകരിച്ചുകൊണ്ട് മനസ്സെടുക്കുന്നു ഇതിന്റെ പ്രതിബിംബം കൊണ്ട് മനസ്സ് ചൈതന്യവത്തായിരിക്കുന്നു അത് പരമാർത്ഥമല്ലെങ്കിലും ഇതിനെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അന്തർഗതത്വ ഇത് വാസ്തവത്തിന് എന്താണോ അന്തർഗതമായി തന്നെയിരിക്കുന്നു ഇത് ബഹിർഗതമാകുന്നു ബഹിർഗതമായിരിക്കുന്ന ഈ ഭ്രാന്തിയാണ് ഈ നിരന്തരമായ അറിവിൻ്റെ പ്രവാഹമാണ് ബഹിർഗതമായിരിക്കുന്നത് ഇതങ്ങനെയാണ് അന്തർഗതമായിരിക്കുന്നു സർവാന്തര ശ്രുതേ ശ്രുതി തന്നെയെന്ന് പറയുന്നത് സർവാന്തരമായിരിക്കുന്നു സർവാധാരമായിരിക്കുന്നു സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്നു ഇത് സർവത്തിനും ചൈതന്യം പറന്നുകൊണ്ടിരിക്കുന്നു ആ ചൈതന്യം മനസ്സിലേക്ക് പകരുന്നു കരണങ്ങളിലേക്ക് പകരുന്നു എന്നിട്ട് ഈ സ്ഥൂടെ ശരീരത്തിലേക്ക് പകരുന്നു എന്ന് മാത്രമല്ല അത് ഇന്ദ്രിയങ്ങളിലൂടെ കർണങ്ങളിലൂടെ ബാഹ്യമായി ആ ചൈതന്യം പകരുമ്പോൾ ബാഹ്യമായും നമ്മൾ ചൈതന്യവത്തായി കാണും ജീവന്മാര് ചരാചരങ്ങളെ നമ്മൾ ചൈതന്യവത്തായി കാണും പറയുന്നു ഇത് ചൈതന്യമുള്ളതാണ് മറ്റത് ചൈതന്യമുള്ളതാണെന്ന് ചൈതന്യത്തെ ബാഹ്യമായി പോലും അധ്യസിക്കുന്നു ആരോപിക്കുന്നു എന്തുകൊണ്ട് ഈ സർവാന്തരമായിരിക്കുന്ന ഈ ചൈതന്യം അതിൽ ആരോപിച്ചിരിക്കുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളിലൂടെ സർവത്ര വ്യാപിക്കുന്നതുകൊണ്ടാണ് അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ അത് ചൈതന്യമയമാക്കി തീർക്കും അങ്ങനെയാണ് നമ്മൾ ജീവന്മാരെ തിരിച്ചറിയുന്നത് ഇതാ മറ്റൊരു ജീവൻ ഇത് മറ്റൊരു ജീവനാണ് എന്നിങ്ങനെ തിരിച്ചറിയുന്നത് ഈ ചൈതന്യത്തിൻ്റെ ഇവിടെ പറയും അവിടുത്തെ പറയും ചൈതന്യ ഉപരാഗം അത് സംഭവിക്കുന്നതാണ് പരമാർത്ഥത്തിൽ അതിലേക്ക് കലരാതെയും എന്നാൽ അതിൽ കലർന്നതായി അനുഭവിക്കുകയും ചെയ്യും അതാണ് പരാം തുണി ചായ മുക്കുന്നു പരമാർത്ഥത്തിൽ അത് കലരുന്നില്ല അതുകൊണ്ടാണ് അത് കഴുകുമ്പോൾ അത് ഇളകിപ്പോകുന്നു എന്നാൽ അതിന് കലർന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെയാണ് ഈ മനസ്സിലിത് വ്യാപരിച്ചിരിക്കുന്നത് വ്യാപിച്ചിരിക്കുന്നു പരമാർത്ഥത്തിൽ മനസ്സിലത് വ്യാപിച്ചിട്ടില്ല എന്നാൽ അത് മനസ്സിന് വ്യാപിച്ചിരിക്കുന്നത് പോലെ ഓരോ ജീവനും അനുഭവപ്പെടും മനസ്സിലൂടെ അത് സർവപ്രപഞ്ചത്തിലും വ്യാപിച്ചു സർവ്വത്ര ജീവസാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ത് ചെയ്യുന്നു ജീവനോട് വ്യവഹരിക്കുന്നു മറ്റൊരു ജീവനെ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു സർവ്വ ചെയ്യുന്നു ഇതെല്ലാം രികമായിരിക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ ഉപരാഗങ്ങൾ സംഭവിക്കുന്നു അത് അവിടെ സർവത്തിലതെന്താണ് അന്തർഗതമായിട്ടേക്കുന്നു ബഹിർഗതമായി അനുഭവപ്പെടുന്നത് കേവലം ആരൂപം മാത്രം അതുകൊണ്ട് അത് സത്യമാണെന്ന് കരുതുന്നു അതുകൊണ്ട് ഇവിടെ അനേക ചൈതന്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് അബദ്ധമാണ് അനേക ജീവന്മാരുണ്ടെന്ന് കരുതുന്നു അനേക ചൈതന്യമുണ്ട് അനേക വിജ്ഞാനമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് എങ്ങനെയാണെന്നിവിടെ വിശദമാക്കി തന്നിൽ അനേക വിജ്ഞാനം എങ്ങനെ വരുന്നു എന്നുള്ളത് വിശദമാക്കി ഇതുപോലെ ആരോപിതമാണെന്ത് തനിക്ക് ചുറ്റും അനേക ജീവന്മാരുണ്ടെന്ന് കരുതുന്നു രണ്ടും ഒരേ തരത്തിൽ സംഭവിക്കുന്നതാണ് ചൈതന്യ ഉപരോധം കൊണ്ട് സംഭവിക്കുന്നതാണ് കാര്യശ്രുതിയും വ്യക്തമാക്കുന്നു എന്നത് വിശദീകരിക്കുന്നു അന്തർഗതേന നിത്യവിജ്ഞാനസ്വരൂപേണ ആകാശവ്രചലിതാത്മന അന്തർഗതഭൂതേന ബാഹോ ബുദ്ധിയാത്മാ തദ്വിലക്ഷണോ അർച്ചിരിവ അഗ്നി പ്രത്യേകിച്ച് ആവിർഭാവത്തിരോ ഭാവധർമ്മഗേഹി വിജ്ഞാനാഭാസരൂപൈഹി അനിത്യേഹി അനിത്യവിജ്ഞാന ആത്മാഖി ദുഃഖി നിത്യഭ്യുപകോ ലൗകികൈഹി എന്താണ് എന്തുകൊണ്ട് പറയുന്നു ജ്ഞാനം പലതാണ് അതെങ്ങനെ അനുഭവിക്കുന്നു ആ എങ്ങനെയാണ് ഈ ജ്ഞാനത്തിന്റെ ഏകത്വത്തെ നിഷേധിക്കാൻ ഒരുവൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഈ വ്യവഹാരം നടക്കുന്നു പരമാർത്ഥത്തിൽ വിരുദ്ധമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ബന്ധനത്തെക്കുറിച്ച് ചിലയിടത്ത് വിശദീകരിക്കും ചിലടത് മോക്ഷത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ ആ ബന്ധനം എന്താണെന്ന് ഉള്ള സമാധാനം അതായത് ചിത്തസമാധാനം കൂടാതെ ഒരു മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമല്ല ആ മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ചിത്തസമാധാനം അതോടെ ചേർന്നാലേ ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ അതുകൊണ്ടതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് അല്ലെങ്കിൽ അത് കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നു അന്തർഗതയേന നിത്യവിജ്ഞാനസ്വരൂപേണോ അന്തർഗതമായിരിക്കുന്ന നിത്യവിജ്ഞാന സ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവഭാനങ്ങൾക്കും അന്തർഗതമായിരിക്കുന്നു എന്നർത്ഥം കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾക്ക് അന്തർഗതമായിരിക്കുന്ന അത് എന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൂടെ പറയുന്നു അതിന് ഉള്ളെന്നോ പുറവെന്നോ ഭേദമില്ലാതെ സർവാന്തര്യാമിയായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എന്താണ് എൻ്റെ ഉള്ളിലുള്ള നാനാത്വ വിജ്ഞാനത്തെ ഞാൻ അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നാനാജീവന്മാരെയും അനുഭവപ്പെടുന്നു ആ നാനാ ജീവന്മാരുടെ ഉള്ളിലുണ്ട് ഇതുപോലെ നാനാത്വ വിജ്ഞാനം അത് കേവലം വ്യക്തിനിഷ്ഠമായി ചിന്തിച്ചോണ്ട കാര്യം വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്ന പേര് ആത്മനിഷ്ഠമായി ചിന്തിക്കുന്നവേര് വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുമെന്നവരും ഈ ശരീരം എന്ന് പറയുന്ന പരിമിതി നിന്നുകൊണ്ട് ചിന്തിക്കും ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോഴോ സർവാന്തര്യാമിയായിരിക്കുന്നു ആത്മാവ് എന്ന് കരുതി സർവ്വജീവന്മാർക്കും ആധാരമായിരിക്കുന്ന ആത്മതത്വം അതിനെ മുൻനിർത്തി ചിന്തിക്കും അതിനുള്ള പറയുന്നത് അന്തർഗതയെന്ന് സർവ്വ വ്യാപകമായിരിക്കുന്ന എങ്ങനെയാണോ എവിടെയാണോ എന്റെ ബുദ്ധിപ്രത്യകങ്ങൾ നിലനിൽക്കുന്നത് അവിടെ തന്നെയാണ് ഈ സർവ്വ ജീവന്മാരും നിലനിൽക്കുന്നത് അതാണോ ഞാൻ എന്റെ ചിന്ത എന്റെ ആത്മാവ് എന്റെ ആത്മാവിന്റെ ബന്ധനം എന്റെ ആത്മാവിന്റെ മോക്ഷം ഇത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തുകൊണ്ടോ ഈ ശരീരത്തിന്റെ പരിച്ഛിത്തി ഉണ്ട് അതിന്റെ പരിമിതി കൊണ്ട് ഇവിടെ അതെല്ലാം പറയുന്നു ഇവിടെ ഞാൻ നീ എന്നുള്ള ഭേദം കൂടാതെ സർവാന്തർഗതമായിരിക്കുന്നു അമ്മ അതിൽ എൻ്റെ ആന്തരികമായ ഈ ഒരു പ്രത്യയം ഒരു ചിത്തപടി അതിന് തുല്യമായ സ്ഥാനമാണ് ഓരോ ജീവനും ഉള്ളത് അതിൻ്റെ സ്ഥാനമേ സർവ്വ ജീവന്മാരും വാ നിലയ്ക്ക് നിൽക്കുകയാണ് ഇത് സർവാന്തർഗതമായിരിക്കുന്നു നിത്യവിജ്ഞാനസ്വരൂപേണ വിജ്ഞാനസ്വരൂപമായിരിക്കുന്നു എന്നിൽ അല്ല സർവത്ര സർവജീവന്മാരിലും അത് വിജ്ഞാനസ്വരൂപമായിരിക്കുന്നു ആകാശവത് അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ വ്യാപകത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ബുദ്ധി സങ്കുചിതമായി ശരീരവുമായി ബന്ധപ്പെട്ട് എന്നിലേക്ക് വരും എന്റെ ആത്മാവ് എൻ്റെ മനസ്സിനും എൻ്റെ ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്ന ആത്മാവ് സാക്ഷി എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ എത്തും വാസ്തവത്തിൻ്റെ എൻ്റെ ബുദ്ധിക്കും എൻ്റെ മനസ്സിനും സാക്ഷിയായി അങ്ങനെ ഒരു ആത്മാവ് വേറിട്ടില്ല ഒരേ ഒരു സാക്ഷിക്ക് വേദ്യമായിരിക്കുകയാണ് സർവ ബുദ്ധികളും സർവശരീരങ്ങളും അവിടെ ഭേദമില്ല തൻ്റെ ശരീരവും അന്യശ അന്യ ശരീരവും അങ്ങനെ ഒരു ഭേദമില്ല എന്തുകൊണ്ട് ഒരേ സാക്ഷിക്ക് വേദ്യമായിരിക്കേണ് ഇതെല്ലാം ഏകരൂപത്തിട്ടിരിക്കേണ് തൻ്റെ ജീവൻ അന്യജീവൻ അങ്ങനെ ഒരു ഭേദമില്ല തൻ്റെ ചിത്തപൂർത്തി അന്യജിത്തപൂർത്തി അങ്ങനെയില്ല ഇതെല്ലാം സാക്ഷി വേദ്യമായിരിക്കുന്നു എന്തുകൊണ്ട് ഇത് ആകാശവത് ഇത് സർവ്വ വ്യാപകമായിരിക്കുന്നു ഇതെങ്ങനെയാണോ എന്നെ ഉൾക്കൊള്ളുന്നത് നിലനിർത്തുന്നത് അതേ രൂപത്തിൽ തന്നെ സർവജീവന്മാരെയും നിലനിർത്തിയിരിക്കും സർവജീവ ആധാരമായിരിക്കും അത്ബോധിപ്പിക്കാനാണ് ആ ചിന്ത സങ്കുചിതമായി ശരീര പരിമിതിയിൽ വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ആകാശവത് അപ്രചലിതാത്മന ഇവിടെ നിരന്തരമായ വ്യവഹാരം അനുഭവം വ്യവഹാരം എന്ന് വെച്ചാൽ അനുഭവം അത് നടന്നുകൊണ്ടിരിക്കുന്നു അത് ആ വ്യവഹാരത്തെ താൻ തന്നിനും അന്യനും കാണുന്നു ആ ചെയ്യുന്നു ഒരു തന്നെ കാണും പിന്നെ അന്യനെ കാണും പിന്നെ തന്നിൽ വ്യവഹാരത്തെ കാണും പിന്നെ അന്യനിൽ വ്യവഹാരത്തെ കാണും അവിടെ താൻ അന്യൻ എന്ന് പറയുന്ന ഈ ഭേദം അത് ഈ ഒരു ഭാഗമാണ് വ്യവഹാരത്തിൻ്റെ ഭാഗമായി താൻ തന്നെ ആരോപിക്കുന്നതാണ് അപ്പം ഈ സർവ വ്യവഹാരങ്ങൾക്കും ആധാരമായി അപ്രചരിതമായി യാതൊരു വ്യവഹാരവും കൂടാതെ അനുഭവാതീതമായി നടത്തുന്നു അനുഭവത്തിലാണ് അനേകജ്ഞാൻ ഇതനുഭവാതീതമായിരിക്കുന്നത് അതുകൊണ്ടാണ് അത് അപ്രചരിതം അനുഭവങ്ങളാണ് ചലനം അനുഭവരാഹിത്യമാണ് ചരന രാഹിത്യം അതാണ് അപ്രചലിതമായിരിക്കുന്ന ആത്മാ അന്തർഗർഭൂതേന അന്തർഗർഭമായിരിക്കുന്നു വെച്ചാൽ ഉള്ളിലത് ഒളിഞ്ഞിരിക്കുന്നു ഉള്ളിലത് ഒളിഞ്ഞിരിക്കുക സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നുവൻ പക്ഷെ അവനെ കാണാൻ കഴിയുന്നില്ല സർവ ത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവസാക്ഷിയായിരിക്കുന്നു അവൻ സർവസാക്ഷിയായിരിക്കുന്നുണ്ട് അവനെ കാണാൻ കഴിയുന്നില്ല അതാണ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു സർവാധാരമായിരിക്കുന്നു സർവത്തെയും കണ്ടാലും സർവാധാരത്തെ കാണാൻ കഴിയുന്നില്ല ഇവിടെ പറഞ്ഞല്ലോ അനേക ബുദ്ധിയുണ്ട് അനേക ജ്ഞാനമുണ്ട് ഈ അനേക ബുദ്ധി അല്ലെങ്കിൽ അനേക ജ്ഞാനം ഈ അനേകം ജ്ഞാനത്തിൽ ഒളിഞ്ഞിരിക്കുന്നതല്ല ആ ജ്ഞാനത്തിൻ്റെ തന്നെ സാരമാണ് ആ ജ്ഞാനത്തെ വിട്ടിട്ട് മറ്റെവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കുന്നല്ല ജ്ഞാനത്തിൽ നിന്ന് ദൂരെ ഇരിക്കുന്നല്ല ഒന്നിൻ്റെ സാരം എന്ന് പറയുമ്പോൾ അത് അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന അങ്ങനെ ധരിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അത് എള്ളിലെ എണ്ണ പോലെ എന്ന് പറയുന്നത് അപ്പം വേറിട്ടെന്ന് പറഞ്ഞാലും നമ്മൾ തെറ്റിദ്ധരിച്ചു ബുദ്ധിയിൽ നിന്ന് ഈ ബുദ്ധിയുടെ പ്രവാഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല അവിടെത്തന്നെ ഉണ്ട് പക്ഷെ അത് അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള എണ്ണെടുത്ത് നോക്കിയാൽ എണ്ണ കാണാൻ വയ്യ പക്ഷേ ആ എണ്ണ ഇടയിൽ നിന്ന് വേറിട്ടതാണ് താനും അതുകൊണ്ടാണ് നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് എന്നാൽ അത് അവിടെ ഇല്ലാത്തതല്ല അതുപോലെ അന്തർഗർഭരൂപത്തിട്ടിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു അതവിടെ തന്നെ ഇരിക്കുകയാണ് മാറിട്ട് മാറി വേറിട്ടിരിക്കുകയാണ് അതിന്റെ തന്നെ സാരമായിരിക്കുന്നു അതാണ് സാരം എന്ന് പറയുന്നത് ഒന്നിന്റെ സാരം അതിൽ തന്നെ ഉള്ളതാണ് ഈ ബുദ്ധിവൃത്തികളിലൂടെ എല്ലാം അത് തന്നെ പ്രകാശിക്കുന്നു അങ്ങനെ അതായറ കഴിയുന്നില്ലെന്നേ ഉള്ളൂ മറ്റൊന്നായി അറിയുന്നു അത്രയുള്ളൂ രജീവിനെ രജ്ജുവായി അറിയാൻ കഴിയുന്നില്ല സർപ്പമായി അറിയുന്നു അപ്പോൾ അവിടെ രണ്ടില്ല അവിടെ വേറിട്ടൊന്നും ഇല്ല ആ ബുദ്ധിപ്രത്യങ്ങളിൽ ആ ജീവഭാവങ്ങളിൽ എല്ലാം അതിൻ്റെ തന്നെ സാരമായിരിക്കുന്നു വെളിപ്പെടാതിരിക്കുന്ന അത് തന്നെ അവിടെ അത് രണ്ടിനെ സൃഷ്ടിക്കുന്നില്ല അതൊന്നും അതിന് കല്പിതമായ മറ്റൊന്നങ്ങനെ അവിടെ രണ്ടില്ല ഒന്ന് തന്നെ സംഘാതർ അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ ആകാശവ് അപ്രചുലിതാത്മന അന്തർഗർഭൂതേന അങ്ങനെയിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ അനുഭവപ്പെടുന്നു ബുദ്ധ്യാത്മാദ്വിലക്ഷണോ അർച്ചിരിവാഗ്നിർത്തിഭാവത്തിരുഭാവധർമ്മ വിജ്ഞാന അനിത്യാനുഖി ദുഃഖിത്യഭ്യുപതോ ലൗകിക ലൗകികർ അതിനും മറച്ചു കാണുന്നു ആരാണ് ലൗകികൻ ആരാണിതിനെ തിരിച്ചു കാണുന്നത് എങ്ങനെയാണ് ആ കാഴ്ചകൾ അതൊക്കെയാണ് ഇനി തുടർന്ന് വിശദീകരിക്കുന്നത് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നാനാത്വവിജ്ഞാനത്തിന് അനുഭവത്തിന് വ്യവഹാരത്തിന് യുക്തി പറയുകയാണ് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരമാർത്ഥമല്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരമാർത്ഥിന്നതാണോ അതേകമാണ് അത് അന്തസാരമായിരിക്കുന്നു അത് സൂക്ഷ്മമായിരിക്കുന്നു എന്ന പരമാർത്ഥത്തെ സ്വയം തന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ വെളിപ്പെടുത്തുകയാണ് അന്യദേവതന് വി അധോ അവിതി ദദധി ശുശ്രുമ പൂർവസ്ഥന് വ്യാജക്ഷിരേ